ൊക്കെ കാണിച്ചു കൊടുത്തോണ്ട് അപ്പൊ അതർത്ഥമപി കർമാണി കുറുവന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞത് കർമ്മഫലത്യാകം ഫലത്തിനെ ഭഗവാൻ വേണ്ടി കൊടുക്കുക നല്ല ഇന്ദ്രിയ നിഗ്രഹവും മനോനിഗ്രഹവും ഉള്ള ആൾക്കെ അങ്ങനെ ത്യജിക്കാൻ കഴിയുള്ളൂ അതാണ് യഥാത്മാവാൻ എന്ന് പറഞ്ഞത് ഭഗവാൻ ഇത്രയും പറഞ്ഞ ഇതിനെ പടിപ്പടിയായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് വരികയാണ് അത് നമ്മളെ നാളെ കാണാം ഒരു രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് നടത്താവുന്ന വൃന്ദാവനത്തിലെ സപ്താഹം പതിനാറാം തീയതി അവിടെ ചെന്നെത്തിയാൽ പതിനാറാം തീയതി വൈകുന്നേരം അവിടെ വൃന്ദാവന പ്രദക്ഷിണം ചെയ്ത് തീർക്കാവുന്നതാണ് നമുക്ക് നാമസംകീർത്തനം ചെയ്തുകൊണ്ടും സാധനകളെ ഭഗവാൻ പറഞ്ഞു ഭക്തി എന്താ മനസ്സ് ബുദ്ധി ഒക്കെ ഭഗവത്പരമാക്കി തീർക്കാം മയ്യേവ മന ആധസ്വ മയ്യുദ്ധിം നിവേശയ നിവസിഷ്യ മയ്യേവ അത ഊർധ്വം ന സംശയ സങ്കൽപ്പമൊക്കെ തന്നെ ഭഗവത്പരമായി ജീവിതത്തിന് ലക്ഷ്യം ഭഗവത് സാക്ഷാത്കാരമാണെന്ന് ബുദ്ധി നിശ്ചയിച്ചു അങ്ങനെയാണെങ്കിൽ പിന്നെ ശരീരം കൊണ്ട് നമ്മൾ എവിടെയിരുന്നാലും ഹൃദയം കൊണ്ട് ഭഗവാന്റെ തന്നെ ഇരിക്കും നിവശിഷ്യസി മയ്യേവ ഭക്തന്മാരൊക്കെ പ്രഹ്ലാദനെ ഹിരണ്യകശിപ്പു തുറങ്കിലടച്ചപ്പോഴും പ്രഹ്ലാദൻ കൃഷ്ണസ്ഥിതനാണ് അനേകം ഭക്തന്മാരെ പലവിധത്തിലും വിഷമിപ്പിച്ചിട്ടുണ്ട് ഇന്നും ചൈനയിലെ ടിബറ്റൻ ബുദ്ധഭിക്ഷുക്കളെയൊക്കെ പിടിച്ച് ജയിലിലാക്കി ഉപദ്രവിക്കുന്നുണ്ട് ഇപ്പോഴും നടക്കണമല്ല ആശ്ചര്യം എന്താന്ന് വെച്ചാൽ ബുദ്ധവിഹാരത്തിൽ ഇരുന്നു പോലും സാധിക്കാത്തതായ പലവിധത്തിലുമുള്ള അധ്യാത്മമായ അനുഭവം പല ഭിക്ഷുക്കൾക്ക് ഈ ജയിലിലൊക്കെയാണ് കിട്ടുന്നത് ജയിലിൽ വെച്ച് വിഷമിക്കുമ്പോൾ പലരും അവരുടെ അനുഭവങ്ങളെ എഴുതിയിട്ടുള്ള ഇതൊക്കെ ഇപ്പോ പ്രകാശിപ്പിച്ചിട്ടുണ്ട് ചൈനക്കാരുടെ തല്ലുകൊണ്ട് ജയിലിൽ കിടക്കുമ്പോ ഈ ബുദ്ധഭിക്ഷുക്കൾക്ക് പലർക്കും അധ്യാത്മമായ ഉൾക്കാഴ്ച ഉണ്ടായി ബുദ്ധവിഹാരങ്ങൾ ഉണ്ടായിരുന്നിട്ട് കിട്ടാത്തതൊക്കെ അവിടുന്ന് കിട്ടിയെന്നാണ് അപ്പൊ പുറമേക്ക് കുറ്റം പറഞ്ഞാലും ചൈനക്കാർ ചെയ്ത ദ്രോഹം നമ്മൾ പറയുമ്പോഴും അതുപോലും ഉത്തമമായ ഒരു ജിജ്ഞാസുവിന് അനുകൂലമായിട്ട് തീരാണ് ശരീരം കൊണ്ട് എവിടെയിരുന്നാലും അപ്പരസ്വാമികളെ ജൈനന്മാര് ചുണ്ണാമ്പ് നിറച്ചിട്ടുള്ള ഒരു വലിയൊരു മുറിയിലേക്ക് ഇറക്കിവിട്ടു അതിനകത്ത് കടന്നുകൊണ്ട് പറഞ്ഞു ഭഗവാൻ ഹൃദയത്തില് കുളിർന്ന് ശീതളമായി ചന്ദ്രികയോടുകൂടെ ഭഗവാൻ പ്രകാശിക്കുമ്പോ ഇതൊന്നും പ്രശ്നമേ അല്ലെന്ന് ഈ ചുണ്ണാമ്പിന്റെ ചൂടൊന്നും അറിയണയില്ല അത്ര നിവശിഷ്യസി മയ്യേവ അവരിരിക്കുന്നത് ജയിലിലല്ല അവരുടെ ശരീരത്തിനെ മാത്രമേ നമുക്ക് വിഷമിപ്പിക്കാനൊക്കെയുള്ളൂ ഉള്ളിലൊന്നും ബാധിക്കില്ല എന്നാണ് ജ്ഞാനസംബന്ധർ പറഞ്ഞു ശനി എവിടെ വേണമെങ്കിൽ ഇരിക്കട്ടെ രാഹു എവിടെ വേണമെങ്കിൽ ഇരിക്കട്ടെ ഗ്രഹങ്ങൾ എവിടെ വേണമെങ്കിൽ ഇരിക്കട്ടെ ഏതൊക്കെ ഗ്രഹങ്ങൾ എവിടെയൊക്കെ ആണെങ്കിലും ഭഗവാൻ ഹൃദയത്തിലിരിക്കുമ്പോ ഒന്നും കുഴപ്പമില്ല എന്നാണ് ഭഗവാൻ ഹൃദയത്തിലില്ലെങ്കിൽ ഗ്രഹങ്ങളൊക്കെ നല്ല ഉത്തമസ്ഥാനത്തിൽ ഇരുന്നാലും ഒന്നും പ്രയോജനമില്ല അദ്ദേഹത്തിനടുത്ത് ആരോ ഒന്ന് പറഞ്ഞു ഗ്രഹദോഷമാണ് ഇപ്പോ സമയം വളരെ മോശമാണ് അങ്ങ് പുറത്തെവിടെയും പോകരുത് ജ്ഞാനസംബന്ധരുടെ അടുത്ത് പറഞ്ഞു വളരെ മോശമായ സമയമാണ് ഇപ്പൊ ജൈനസഭയ്ക്ക് പോകരുത് എന്ന് പറഞ്ഞു അപ്പൊ ജ്ഞാനസംബന്ധർ പറഞ്ഞു എല്ലാ ദിവസവും എല്ലാ ക്ഷണവും എല്ലാ കാലവും ശുഭം വേയുറു തോഴി പങ്കൻ വിടമുണ്ട കണ്ട തടവി മാസർ തിങ്കൾ ഗംഗൈ മുടിമേലണിന്തിയൻ ഉളമേ പുകുന്ത അതനാൽ തിങ്കൾ ശവ്വായ് ബുധൻ വ്യാഴം വെള്ളി ശനി പാമ്പിരണ്ടുമുടനെ ആശര് നല്ല നല്ല അവൈ നല്ല നല്ല അടികാരവർക്കുമികവേ ഭഗവാനെ ധ്യാനിക്കണോ ഹൃദയത്തിൽ എങ്ങനെയാ ധ്യാനിക്കണമെന്ന് വെച്ചാൽ ഏറ്റവും പ്രസന്നമായ രൂപത്തില് ഭഗവാൻ എങ്ങനെ ഹൃദയത്തിൽ ഭഗവാൻ ഏത് രൂപത്തിലാ ഭഗവാൻ വീണ വായിച്ചുകൊണ്ടിരിക്കുക അത്ര ഹൃദയത്തില് ഹൃദയത്തില് ഭഗവാൻ വീണവാദ വീണാവാദനം ചെയ്തുകൊണ്ട് എന്റെ ഹൃദയത്തില് ഇരിക്കുമ്പോ തിങ്കൾ ചൊവ്വായി ബുധൻ വ്യാഴം വെള്ളി ശനി പാമ്പ് ഇരണ്ടും ഉടനെ ഒമ്പത് ഗ്രഹങ്ങളും ഒമ്പത് ഗ്രഹങ്ങളും അവര് ഏത് സ്ഥാനങ്ങളിൽ ഇരുന്നോട്ടെ നല്ല നല്ല അവ നല്ല നല്ല അടിയാർ അവർക്ക് മികവേ നല്ല നല്ല എല്ലാവർക്കും നല്ലതാണെന്നാണ് ഹൃദയത്തിൽ ഭഗവാൻ ഇരുന്നാൽ ശനി ഏത് ഗ്രഹ ഏത് വീട്ടിൽ വേണമെങ്കിൽ ഇരുന്നോട്ടെ നമ്മളുടെ ഹൃദയ വീട്ടിൽ ഭഗവാൻ ഉണ്ടെങ്കിൽ ഗ്രഹങ്ങളൊക്കെ നല്ലതാണ് ഏത് സ്ഥലത്തിരുന്നാലും നല്ലതാണ് എവിടെ കൊണ്ടുപോയി ഇട്ടാലും നല്ലതാണ് മുതുകത്തൊരു വലിയ കല്ല് കെട്ടിയിട്ട് കടലിലെടുത്തിട്ടും നല്ലതാണെന്ന് നാം പറയണം മുതുകത്തൊരു കല്ല് കെട്ടി കത്തുണൈ പൂട്ടിയോർ കടലിനുൾ പായിനും കത്തുണയാവത്ത് നമശിവായവ മീറ ഒരു പാട്ടിൽ പറയണു നല്ല വിഷപ്പാമ്പിനെ എന്റെ നേരക്ക് പറഞ്ഞയച്ചു പാമ്പിന്റെ വിഷമെടുത്ത് എനിക്ക് കൊടുത്തയച്ചു ഹരിനാമം കീർത്തനം ചെയ്തുകൊണ്ട് ഞാൻ ആ വിഷം കുടിച്ചിട്ട് നർത്തനം ചെയ്യാണെന്നാണ് പീവത്ത് മീറാ നാച്ചീരെ റാണാജിനെ വിശക്കേച്ചു മീറ നാച്ചീരേ അത് കുടിച്ചിട്ട് മീറ നർത്തനം ചെയ്യുകയാണെന്നാണ് ഇതൊക്കെ ഓട്ടോബയോഗ്രഫിക്കൽ റെക്കോർഡ്സാണ് ആ വിഷം കുടിച്ചിട്ട് ഇപ്പൊ ഞാനിതാ കളിക്കുകയാണെന്ന് നാമസങ്കീർത്തനം ചെയ്ത് നർത്തനം ചെയ്യാം അപ്പൊ എന്താ വിഷമാണെങ്കിലും നല്ല നല്ല ഒന്നും കുഴപ്പമില്ല എന്താ നിവശിഷ്യസി മയ്യേവ് ശരീരത്തിലില്ല അവര് ശരീരത്തിലുണ്ടെങ്കിലല്ലേ ഈ ദോഷം ചെയ്യണം ശരീരത്തിലില്ല നിവശിഷ്യസി മയ്യേവ് അത ഊർധ്വം എന്ന സംശയ നമ്മള് മനസ്സും ബുദ്ധിയും ഭഗവാനിൽ ഉറച്ചാൽ मनस्ते पादे निवसत वचस्त्रणितभ्यचाया श्रुतिर कथाणन विधौ मनस्ते पादाजे निवस वचस्पण मनस भगवा रूप न वचस्तोत्र भणित वायुंदा भगव जवटे मनस्ते पादाब्जे निवसत वचस्तोत्र फणित व्यचायां श्रुतिरि कथाकन विधौ इंगे बुद्धि सदा भगवत्न चविको भगवत्थाश्रवणे ഇന്ദ്രിയങ്ങൾക്കൊക്കെ ജോലിയാണ് കിത് കാ മുമാഹേശവിന്ച്ചനൈ കിദ്ധ്യാന സമാധിശ്ചനുതി കച്ചിത് കഥകർണ്ണനൈ കച്ചിത് കിിദവേക്ഷണൈശ് നിിദ്ദാ ഈദൃശീനോതി മുത ത്വർപ്പനോ ജീവൻ സമുക്ത ഖലു കുറച്ചു നേരം നാമം ജപിച്ചു രാവിലെ നേരത്തെ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റു കുളിച്ചു പുഷ്പമൊക്കെ കൊണ്ടുവന്നു ഭഗവാന് അഭിഷേകം ചെയ്തു അഭിഷേകം ചെയ്ത് തുടച്ച് ചന്ദണം ഭഗവാനെ ചാർത്തി അലങ്കാരം ചെയ്തു പുഷ്പാർച്ചന ചെയ്തു അത് കഴിഞ്ഞ് കുറേ നേരം സ്തോത്രങ്ങളൊക്കെ ചൊല്ലി നിവേദ്യവും ദീപാരാധനൊക്കെ ചെയ്തു പിന്നെ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ചു ധ്യാനിക്കണോ എന്നുള്ളതും മറന്നു കുറച്ചു നേരം സമാധിസ്ഥിതനായിട്ടിരുന്നു പിന്നെ കുറച്ചു നേരം ഭാഗവതമോ രാമായണമോ ഭഗവത്ഗീതയോ പഠിച്ചു ഭക്തന്മാരെ അങ്ങനെയാണ് മീരാ പറയണു എനിക്ക് ആരും സംസാരിക്കാൻ വേണ്ട ഗീത ഭാഗവത്ത് വാച്ചുങ്കി തനിച്ചിരുന്നു ഭാഗവതം വായിച്ചു ഗീത വായിച്ചു സത്സംഗത്തിലെ കഥാശ്രവണം ചെയ്തു കഞ്ചിത് കഥാകർണ്ണനൈഹി ക്ഷേത്ര ദർശനം ചെയ്തു പ്രദക്ഷിണം ചെയ്തു നമസ്കാരം ചെയ്തു ഇങ്ങനെ ആന്തരികമായ ധ്യാനം മാത്രമല്ല ശരീരത്തിനെയും നിയോഗിച്ച് കരണങ്ങളെയൊക്കെ തന്നെ ഭഗവത് അർപ്പണം ചെയ്ത് മതർത്ഥമപി കർമാണി കുർവൻ എന്ന് ഇന്നലെ അതിന് വിസ്തരിച്ചാണ് ഇപ്പൊ പറയണത് അങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ രാത്രി വീണ്ടും ഉറങ്ങാൻ പോകുന്നതുവരെ ഉറങ്ങാൻ പോകുമ്പോഴും ഭഗവാൻ ഒരു ആരത്തി ഒക്കെ കാണിച്ച് ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ചു അങ്ങനെ അങ്ങോട്ട് കിടന്നാൽ സ്വപ്നത്തിന് പിന്നെന്തുവരും ജാഗ്രത മുഴുവൻ ഇങ്ങനെയാണെങ്കിൽ അല്ലേ നമ്മുടെ മഹർഷിയോട് ഒരാൾ ചോദിച്ചു ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്വപ്നം കാണുന്നു എങ്ങനെ നിയന്ത്രിക്കും ചോദിച്ചു അപ്പൊ മഹർഷി പറഞ്ഞു ഉറങ്ങാതിരിക്കുമ്പോ സ്വപ്നം കാണാതിരുന്നാ മതി ഉറക്കത്തിൽ സ്വപ്നം കാണില്ല ഉറങ്ങാതിരിക്കുമ്പോ ജാഗ്രതത്തിൽ എന്താണോ ഇമാജിനേഷൻ ഉണ്ടാവണത് അതൊക്കെയാണല്ലോ സ്വപ്നത്തിലും അധികമായിട്ടും വരിക അതുകൊണ്ട് ജാഗ്രതത്തിൽ മുഴുവൻ ഇങ്ങനെ ജപധ്യാന ധ്യാനശ്രാന്ത പുനർജപേത് ജപധ്യാന പുനർധ്യായേത് ജപധ്യാഭിയയുക്ത പ്രസീതതി പരശിവ അങ്ങനെ ജപിക്കുന്നു ധ്യാനിക്കുന്നു സങ്കീർത്തനം ചെയ്യുന്നു ഇങ്ങനെ തന്നെ പ്രദക്ഷിണ നമസ്കാരം ഇങ്ങനെ ചര്യകളെന്നു പറയുന്നതിനാണ് ഈ ചര്യയിൽ തന്നെ മുഴുകിക്കൊണ്ട് പഠന്തോ നാമാനി പ്രമദപര സിന്ധോ നിപതിമരന്തോ ൂപം തേവരദ കഥയന്തോ ഗുണകഥാ ചരന്തോ ഭക്ത വെട്ടതിരി പറയാണ് ആരിങ്ങനത്തെ ഭക്തന്മാര് ഇങ്ങനെ ചരിക്കുന്നുവോ ധന്യാൻമന്യെ സമധികത സർവാഭിലഷിത്താൻ ഇങ്ങനെ ഭഗവത്രാമൻ സങ്കീർത്തനം ചെയ്തുകൊണ്ടും ജവിച്ചുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും സത്സംഗത്തിലിരുന്നുകൊണ്ടും ദിവ്യക്ഷേത്രം ദർശിച്ചുകൊണ്ടും ഇങ്ങനെ പകലു മുഴുവൻ ആര് കഴിച്ചു കൂട്ടണമോ അതാണ് മദർത്ഥമപഭി കർമാണി കുറുവെന്ന് സിദ്ധിമവാപ്സ്യസി ക്രമേണ അവർക്ക് ഭഗവത് അനുരാഗം ഹൃദയത്തിലുണ്ടാവുകയും ഭഗവത് ധ്യാനം ഹൃദയത്തിലുണ്ടാവുകയും ഭഗവത് അനുരാഗം ഹൃദയത്തിലുണ്ടാവുകയും ധ്യാനം എന്നുള്ളത് സഹജസ്വരൂപമായിട്ട് തീരുകയും സഹജമായിട്ട് ഭഗവത് ധ്യാനമുള്ളിലെങ്ങനെ പിടികൂടുകയും ചെയ്താൽ അവർക്ക് സിദ്ധിമവാപ് അത് തന്നെ സിദ്ധി എന്നാലെ ഭഗവാൻ പറഞ്ഞു വേറൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിനെ എന്നിൽ നിർത്താൻ അഭ്യസിക്കൂ എന്ന് പറഞ്ഞു ഭക്തിമാർഗത്തിന് മനസ്സിനെ ഇന്ദ്രിയങ്ങളെ ഒക്കെ ഭഗവാൻ കൊടുക്കാണ് ജ്ഞാനമാർഗം ശ്രദ്ധാപ്രധാനമാണ് ഭക്തിമാർഗം ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ ഭഗവാന്മയുമാക്കുകയാണ് നമ്മള് ലൗകിക എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ തന്നെ ഭഗവാനോടും ചെയ്യാം എന്നിട്ട് ദിവ്യഭാവം കൊണ്ടുവരാം ഭഗവത്ഭാവത്തിനെ സകല വ്യവഹാരങ്ങളിലേക്കും കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും സ്പർശിക്കുന്നതും ഒക്കെ തന്നെ ഭഗവത്പരമാക്കി തീർക്കാനുള്ള ഭജനസാധനയാണ് ചരിയാ എന്ന് പറയുന്നത് ഇതാണ് ഭക്തന് മുഖ്യം അതുകൊണ്ടാണ് മണക്കാനായി സുഗന്ധ പുഷ്പങ്ങളും കാണാൻ ഭഗവാന്റെ ദിവ്യരൂപമും കേൾക്കാൻ നാമസങ്കീർത്തനം ശബ്ദവും സംഗീതവും ഒക്കെ ഭക്തിയിലാണല്ലോ ഈ സംഗീതമൊക്കെ ഭക്തിയിലാണ് ഈ സംഗീതമൊക്കെ കീർത്തനങ്ങളും ഒക്കെ ഭക്തന്മാരാണ് ഈ കീർത്തനങ്ങളൊക്കെ അവരൊക്കെ ആസ്വദിച്ചാസ്വദിച്ച് പാടിയതാണ് നമ്മൾ ഇന്ന് കീർത്തനങ്ങളായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് ഭഗവാനെ സ്തുതിച്ചു പാടിയ കീർത്തനങ്ങൾ അപ്പോ സർവേന്ദ്രിയങ്ങളെയും മനസ്സിനെയും കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും ഒക്കെ ഭഗവത് അർപ്പണം ചെയ്യാണ് ഭക്തി ഭക്തിയിൽ അതാണ് മുഖ്യം അങ്ങനെ മതർത്ഥമപി കർമാണി കുറുവെന്ന് സിദ്ധിം അവാപ്സിസ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോ പതുക്കെ പതുക്കെ മനസ്സ് ശുദ്ധമാവും ചിത്തം ശുദ്ധമാവും അഹങ്കാരത്തിന്റെ ക്ഷയമുണ്ടാവും പതുക്കെ പതുക്കെ ചര്യകള് ചര്യ എവിടെ കൊണ്ട് ചെന്നാക്കും മനസ് അങ്ങനെ നിശ്ചലമായ സത്യത്തിൽ രമിക്കും പ്രഹ്ലാദിനെക്കുറിച്ച് ഭാഗവതത്തിൽ പറയുന്നു ക്വചിദ് ദ്രുതതി വൈകുണ്ഠ ചിന്താശബളചേതന ക്വചിത് ഹസതി തിന്താഹ്ലാദ ഉദ്ഗായ ദിക്വചിത് നദതിക്വചിത് ഉത്കണ്ഠോ വിലജ്ജോ നൃത്യതിക്വചിത് ക്വചിത് തദ്ാവനായുക്ത തന്മയോനു ചാരചിത് അസ് അസ്പന്ദ പ്രണയാനന്ദ സലിലാമീലി രക്ഷണ ആനന്ദം കൊണ്ട് കണ്ണീര് വരിക ആനന്ദം കൊണ്ട് കണ്ണീര് വരുമ്പോ രാമകൃഷ്ണ പരമഹംസർ പറയണം കണ്ണിന്റെ വലതുവശത്തുകൂടെ ചുവട്ടിലേക്ക് ഈ കടക്കണ്ണു കൂടെ മൂക്കിന്റെ അടുത്ത് കൂടെ വരില്ല എന്നാണ് ഇനി നോക്കണം അമ്പലത്തിലൊക്കെ കരയുമ്പോൾ എവിടുന്ന കണ്ണീര് വരണത് നോക്കണം अडको नो, मूकिगू नोक भर्तृहरी परणु अ हिमालय गह्वर ध्यान योग मे आीर कुड़ाना कुरविक वन धनान गिरीशुव ज्योतिष्या आनंदश्रुकणा पिबंति शकुना നിശങ്കം അങ്കേഷയാ സംശയമൊന്നുമില്ലാതെ പേടിയൊന്നുമില്ലാത്ര ആ കുരുവികൾക്ക് ആ പക്ഷികൾക്ക് അല്പം പോലും ശങ്കയില്ലാതെ മടിയിൽ വന്നിരുന്ന് ഇവരുടെ കണ്ണിൽ നിന്നും വീഴുന്ന ആനന്ദാശ്രു കണങ്ങളെ കുടിക്കണമത്രേ ധന്യാണാം ഗിരികന്ധരേഷു വസതാം ജ്യോതി പരം ധ്യായതാം ആ ആത്മജ്യോതിയെ ധ്യാനിക്കുമ്പോ കണ്ണിൽ കണ്ണീരു പെരുകി കണ്ണു നനച്ചുകൊണ്ട് കണ്ണീരും കണ്ണു മുഴുവൻ നനച്ചുകൊണ്ട് കണ്ണീരൊഴുകുമ്പോ ആനന്ദാശ്രുക്കണാന് ആനന്ദ അശ്രുകണങ്ങളെ പിബന്തി ശകുനാഹ ശകുനങ്ങളെന്ന് വെച്ചാൽ പക്ഷികൾ നിശങ്കമങ്കേശയാഹ ഒരു ശങ്കയും കൂടാതെ മടിയിലിരുന്ന് കുടിക്കും അപ്പൊ അങ്ങനെ ആനന്ദം കൊണ്ട് കണ്ണീര് വരുമ്പോ അതിന് മാധുര്യം ഉണ്ടാവും ദുഃഖം കൊണ്ട് കണ്ണീര് വരുമ്പോ ചിലപ്പോഴൊക്കെ വായിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം ഉപ്പുരസാണ് ലവണ രസമാണ് അല്ലെ അതാണ് ഉപ്പുവെള്ളം കുടിച്ചു ഉപ്പുവെള്ളം കുടിച്ചു വേറൊന്നുമല്ല കുറേ ഉപ്പുവെള്ളം കുടിച്ചു എന്ന് പറഞ്ഞാൽ കരഞ്ഞു നിർത്തം കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് വായിൽ പോകുമ്പോൾ ഉപ്പു രസമാണ് മറ്റേത് ആനന്ദം കൊണ്ട് കണ്ണീര് വരുമ്പോ മാധുര്യം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് ആനന്ദാശ്രുക്കണാന് പിബന്തി ശകുനാഹ നിശങ്കമം കേശയാഹ അങ്ങനെ ഭക്തിയുടെ അശ്രുധാര വിനാ ആനന്ദാശ്രു കലയാ ഭാഗവതത്തില് ഏകാദശത്തിൽ പറയുന്നു ചിത്തം ദ്രവിക്കാതെ കണ്ണിൽ ആനന്ദാശ്രു പെരുകാതെ എങ്ങനെ ശുദ്ധമാവും ചിത്തമെന്ന് ഭക്തിയാ വിനാഭക്തിയാവും ഭക്തി കൂടാതെ എങ്ങനെ ചിത്തം ശുദ്ധമാവും അപ്പൊ ചിത്രം ശുദ്ധമാകുമ്പോ നിർമ്മലമാവുമ്പോ നിർമ്മലമാവുമ്പോ അസ്പന്ദ പ്രണയാനന്ദ സലിലാമീലിതെക്ഷണ പ്രണയാനന്ദ സലിലം കണ്ണിലൂടെ വരികയും സ്പന്ദനമില്ലാത്ത സ്ഥിതി വരികയും പതുക്കെ പതുക്കെ ദൂരീഭൂത അന്യദർശന അന്യം ഒക്കെ പോയി രണ്ടില്ലാതായി निश्चल पूर्णानंद सवरूप हृदय प्रकाशिक सत्यं हृदय आत्मा हृदय प्रकाशिक भगवाने नामे भाव ध्यान आ भाव तानु मुक्ताश्रय यर्विषय विरक्त निर्वाणमृति मनहा सहसा यथाचि ആത്മാനമത്ര പുരുഷോ അവ്യവധാനമേകമന്വീക്ഷത്തെ പ്രതിനിവൃത്ത ഗുണപ്രവാഹ സത്വഗുണം രജോ ഗുണം തമോഗുണമൊക്കെ അടങ്ങിപ്പോയി ശുദ്ധനിർവികൽപ്പമായ ഭഗവത് അനുഭൂതി ഹൃദയത്തിലല്ല അങ്ങനെ അതാണ് സിദ്ധി എന്ന് ഭഗവാൻ പറഞ്ഞത് അവൻ സിദ്ധനായിട്ട് തീരുണു അല്ലാതെ മാജിക് കാണിക്കാൻ സാധിക്കണമെന്നല്ല അർത്ഥം ഇവിടെ സിദ്ധി എന്ന് വെച്ചാൽ ബാഹ്യമായ എന്തെങ്കിലുമൊക്കെ കാണിക്കാനുള്ള സിദ്ധിയല്ല മറിച്ച് ഏറ്റവും വലിയ സിദ്ധി എന്താ ആത്മസിദ്ധി കിട്ടിയിട്ടുണ്ട് എന്ന് അറിയുന്നില്ല നമ്മളൊക്കെ അതാണ് എന്നിട്ടും അറിയുന്നില്ല ആ സത്യത്തിനെ ഈ ഭക്തൻ ഭഗവാനെ ഒരിക്കലും നഷ്ടപ്പെടാത്ത വിധത്തിൽ ഭഗവാനെ കാണുന്നു അറിയുന്നു അനുഭവിക്കുന്നു ഭഗവാനിൽ താൻ തന്നെ തന്നെ ഇല്ലാതാക്കണം അങ്ങനെ ഭഗവത് അനുഭവം സാധ്യമാവണതാണ് ഭഗവാൻ ഇവിടെ സിദ്ധി എന്ന് പറഞ്ഞത് അപ്പോ ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു അങ്ങനെ നിനക്ക് സാധിക്കണമില്ലെങ്കിൽ സാധിക്കണ വരെ അഭ്യാസം ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോ മനസ്സും ബുദ്ധിയും എന്നിൽ നിർത്താൻ നിനക്ക് സാധിക്കണമില്ലെങ്കിൽ വീണ്ടും വീണ്ടും വീണ്ടും അതിനെ ശ്രമിക്കാം वश्यम पराजयपाले शेरी वी वी आगवदनुभव श्रमितोटे अथ चे चि सनोषिथि अभ्यासोगे तत्व मच्छाप्त धनंजय आम अध्यम भगवा अभ्यास को वैराग्यंकू साधन पर ഇവിടെയും ഭഗവാൻ പറഞ്ഞു അഭ്യാസയോഗം കൊണ്ട് സാധിക്കും അഭ്യാസയോഗം കൊണ്ട് ഈ ഭക്തി സാധനയെ വീണ്ടും വീണ്ടും പരിശീലിച്ച് സ്വായത്തമാക്കാം അഭ്യാസേ അസമർത്ഥോസി അഭ്യാസം കൊണ്ട് മനുഷ്യൻ എന്തൊക്കെ സാധിക്കണോ അല്ലെ സർക്കസിൽ പോയാൽ ഒരു ചരടി കെട്ടിയിട്ട് അതിന് മേലെ നടക്കും അതിനു നിന്ന് ഡാൻസ് കളിക്കും അഭ്യാസം കൊണ്ട് ചിലർക്ക് നടക്കാൻ കയറ് ഒരു ചരട് മതി ചിലർക്ക് നടക്കാൻ ഹൈവേ പോലും പോരാ ചിലപ്പോ കണ്ടിട്ടില്ലേ ഹൈവേ മുഴുവൻ നടക്കും പോയി വീഴും എന്താ മതിരാമദാന്ത അപ്പോ അഭ്യാസമുണ്ടെങ്കിൽ മനസ്സ് വശപ്പെടുമെന്നാണ് ഭഗവാന്റെ അഭിപ്രായം അഭ്യാസം ഉണ്ടെങ്കിൽ ീ ഉപാസനയെ പതുക്കെ പതുക്കെ വശപ്പെടുത്താം ഏറ്റവും എളുപ്പമായ ഉപാസനെ എന്താ നമ്മളിപ്പോ വശപ്പെടുത്തേണ്ടത് നാമജപം ഭഗവാന്റെ നാമത്തിനെ ജപിക്കുക എന്നുള്ളത് എല്ലാ ഭാഗവതന്മാരും പറയണു നാമം ജപിച്ചോളൂ ഭഗവാനെ കിട്ടും നാമം ജപിച്ചോളൂ എളുപ്പമാണ് എളുപ്പമാണ് എളുപ്പമാണ് പറയണു പക്ഷെ എളുപ്പമാണെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെ കിട്ടും നാമജപം വളരെ സുലഭമാണ് പക്ഷെ ചെയ്യണമല്ലോ സുലഭമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ചെയ്യണില്ല ഏറ്റവും സുലഭമാണ് ഭഗവൻ നാമത്തിനെ ജപിക്കുക ഒന്നും വേണ്ട നാവൊന്നെ വേണ്ടു ഹരിനാരായണായ നമ വേറൊന്നും വേണ്ട നാമം ജപിക്കൂ ഭഗവാൻ സിദ്ധനാവും ആ നാമത്തിനെ അഭ്യാസയോഗം കൊണ്ട് സിദ്ധമാക്കാം ദിവസം ഇത്ര കണ്ട് ഞാൻ ജപിക്കുമെന്ന് തീരുമാനിക്കുകയും ഒരു നൂറ്റിയെട്ട് ദിവസം വിടാതെ ഒരു പത്തായിരമോ പതിനയ്യായിരമോ ഇരുപതിനായിരമോ ഒക്കെ ജപിക്കുമെന്നൊക്കെ തീരുമാനിക്കും ഭക്തന്മാർ ഇതൊക്കെ അഭ്യാസ അതൊക്കെ എന്തിനാ നമ്മൾക്ക് അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ജയിച്ച ജപിച്ചാൽ പോരെ അങ്ങനെയൊക്കെ ജപിക്കാൻ സാധിക്കുമെങ്കിൽ ബുദ്ധിമുട്ടില്ല യോഗം എന്ന് പറയുമ്പോ പ്രാക്ടീസാണ് പ്രാക്ടീസ് എന്തിനാ നമുക്ക് സിദ്ധി കിട്ടാൻ വേണ്ടിയിട്ടാ മനസ്സിനെ അഭ്യസിപ്പിച്ചെടുക്കാനാണ് മനസ്സിപ്പൊ സഹജമായിട്ട് നേരം വെളിച്ചായാ കാപ്പി കുടിക്കണത് ചിന്തിക്കും ഉണ് കഴിക്കേണ്ട സമയമായോ ഉണു ചിന്തിക്കും ഉറങ്ങേണ്ട സമയമായോ ഉറങ്ങണത് ചിന്തിക്കും ജോലിക്ക് പോകേണ്ടതൊക്കെ അതൊക്കെ അഭ്യാസം കൊണ്ട് സാധിക്കുന്നുണ്ട് പക്ഷേ നാമം ജപിക്കാൻ പറയുമ്പോൾ മാത്രം മനസ്സ് നമ്മളെ പറ്റിക്കും കുറച്ചു നേരം ജപിക്കുക അത് കഴിഞ്ഞ് ഒരുപാട് നേരമായി എന്ന് പറയും പഴയ തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ അപ്പോഴേക്കും ഒരുപാട് നേരമായി എന്ന് പറയും അപ്പോ മനസ്സിനെ പഠിപ്പിച്ചെടുക്കലാണ് അഭ്യാസയോഗം എങ്ങനെ പഠിപ്പിച്ചെടുക്കും ഒരു നാമം ജപിക്ക ഇപ്പോൾ രാവിലെ ഒരു മണിക്കൂർ ജപിക്കും എന്ന് തീരുമാനിക്കുകയാണ് അഭ്യാസ യോഗം അങ്ങനെയാണ് അങ്ങനെ ഞാനൊരു നാൽപ്പത്തെട്ട് ദിവസം ജപിക്കാൻ പോകുന്നു തീരുമാനിക്കുക ജപിക്കാനിരിക്കുമ്പോ മനസ്സിനോട് പറയാണ് മനസ്സേ നീ എവിടെ വേണങ്ങി പോയിട്ട് വന്നോളൂ നീ അമേരിക്കയിൽ പോണോ പോയിക്കോളൂ ആഫ്രിക്കയിൽ പോകണോ പോയിക്കോളൂ നീ ലോകം മുഴുവൻ ചുറ്റിക്കോളൂ ഞാൻ ഈ നാമജപം കഴിയാതെ നിന്റെ കൂടെ വരില്ല അല്ലാതെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തൊന്നും വേണ്ട അയാളെ ആദ്യം ഏകാഗ്രപ്പെടുത്താൻ നിർത്തിയാൽ അപകടമാണ് അയാൾ നമ്മളുടെ ജപം മുടക്കും അതുകൊണ്ട് അയാളോട് പറയാം നീ എന്റെ വഴിക്ക് പോയിക്കോളൂ ഞാൻ എന്റെ വഴിക്ക് പോവാം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് മനസ്സിനോട് പറയാണ് ഞാൻ ജപം ചെയ്യാൻ പോകണു നീ നിന്റെ ഇഷ്ടത്തിന് യു വോണ്ടർ അബൌട്ട് ചുറ്റിക്കൊള്ള സഞ്ചാരം ചെയ്തോളാം അങ്ങനെ മനസ്സിനൊരു ടിക്കറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ട് ജപിക്കാം മന നിരപേക്ഷ സാധനയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിനെ അപേക്ഷിക്കാത്ത സാധനം മനസ്സിനെ അപേക്ഷിക്കുന്ന സാധനം നമ്മൾ ആദ്യമേ തുടങ്ങിയാൽ മനസ്സാദ്യ ആഹാ ഈ ഹരിനാമം പോലെ രുചിയുള്ളത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് കൂടെ നിൽക്കും എന്നിട്ട് നാല് ദിവസം ജപിച്ചു കഴിയുമ്പോ പറയും ഇത്തിരി ടി കണ്ടിട്ട് വരാം പറയും അപ്പൊ നമ്മുടെ കൂട്ടുകാരനാണല്ലോ ഈ മനസ്സ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അയാള് പറയണത് ശരിയാണെന്ന് പറഞ്ഞ് അയാളുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഒരേ പോകും പിന്നെ കുറെ കാലത്തേക്ക് തിരിച്ചു വരില്ല അതുകൊണ്ട് ആദ്യമേ മനസ്സിനോട് പറയാണ് നീ എവിടെ വേണമെങ്കിൽ പോയിക്കോളൂ ഞാൻ ഇവിടുന്ന് അനങ്ങില്ല ഞാൻ ഈ സമയത്ത് ഇരുന്ന് ജപിക്കാൻ പോവാണ് ഇങ്ങനെ കുറെ കാലം കണിശമായി അഭ്യാസം ചെയ്താൽ മനസ്സിന് നമ്മളുടെ മേലുള്ള സ്വാധീനം പോകും ജപത്തിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയാണ് അങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെ ആ വായ കൊണ്ട് ജപിക്കണത് മാനസീജപമാവുകയും മാനസീ ജപം ഹൃദയത്തിൽ ആഴ്ന്ന് ഭാവമണ്ഡലത്തിൽ പോയി മാനസിക ജപം എന്നുള്ളത് പോലും പോയിട്ട് ഭാവമണ്ഡലത്തിൽ ആ ജപം ഏതു ഭാവത്തിനെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് ആ ഭാവമണ്ഡലം ഉള്ളിൽ അനാവൃതമാവുകയും ചെയ്യും ആ ഭാവമണ്ഡലം ഉള്ളിൽ അനാവൃതമാവുകയും അടുത്ത പടിയായിട്ട് ഭാവമണ്ഡലവും കടന്ന് ഭാവനാബലാത്ത് सद्भावस्थि भावबल भावनातीद्भाव सद ऊंपर परभक्ति तत्व उराभक्ति एवनाबल भावनाती निानुभूति चतिष्ठितना इनजब कहना നാമജപത്തിന് ആദ്യം എങ്ങനെ തുടങ്ങണു ആദ്യം തന്നെ ഞാൻ ജപിക്കാനിരിക്കുമ്പോ സമാധി വരണം ധ്യാനം വരണം എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല അതുകൊണ്ടാണ് മഹാത്മാക്കൾക്ക് നമ്മളെ നല്ലവണ്ണം അറിയണത് കൊണ്ടാണ് അവര് ഇരുന്ന് ജപിക്കൂ എന്നൊന്നും പറയാതെ പ്രദക്ഷിണം ചെയ്ത് ജപിക്കൂ ഒരു തമ്പുരാം പിടിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യൂ അല്ലെങ്കിൽ സങ്കീർത്തനം ചെയ്യൂ എന്താന്ന് വെച്ചാൽ ഇരുന്ന് കഴിഞ്ഞാലേ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഉള്ളിലെ പ്ലെയിൻ കയറും എങ്ങനെ പോയിട്ട് വരും എവിടെയൊക്കെയാ പോവാന്നറിയില്ല അതുകൊണ്ടാണ് അവര് നീ ഇപ്പൊ കണ്ണൊന്നും അടയ്ക്കണ്ട നീ ധ്യാനിക്കാനൊന്നും പുറപ്പെടേണ്ട നീ നാമത്തിന് പിടിക്കണതിന് പകരം നാമം തന്നെ പിടിക്കട്ടെ അതുവരെ ജപിക്കാവായ കൊണ്ട് എന്ന് വളരെ സാധാരണമായൊരു അനുഷ്ഠാനത്തിനെ പറഞ്ഞ് നമുക്ക് എളുപ്പത്തിന് വേണ്ടി തന്നിരിക്കണം അങ്ങനെ അഭ്യാസം ചെയ്യുമ്പോ പതുക്കെ പതുക്കെ പതുക്കെ അഭ്യാസത്തിൽ വൈശിഷ്ട്യം വന്നു തുടങ്ങും ഇത്തരത്തിൽ അഭ്യാസം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം ഫലത്യാഗം കുരു എന്ന് പറഞ്ഞു ഭഗവാൻ ഇങ്ങനെ അഭ്യാസമൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ സർവകർമ്മ ഫലത്യാഗം തഥക്കുരു യഥാത്മാവാൻ ചിലർ പറയാം ഞങ്ങൾക്ക് ഈ സാധനൊന്നും ചെയ്യാൻ സമയമേയില്ല ഞങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ വയ്യാം ഞങ്ങൾ രാവിലെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിക്കാണ് വരണത് എന്ത് ചെയ്യും അങ്ങനത്തെ ഡ്യൂട്ടിയിലാണ് പെട്ടിരിക്കണത് പക്ഷെ ഉള്ളിൽ പെടയുന്നു അങ്ങനെ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ പാവം രണ്ടും മൂന്ന് മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഓഫീസിൽ പോണത് തിരിച്ച് രണ്ടും മൂന്ന് മണിക്കൂർ വരും ബോംബെയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാം അവിടുത്തെ ജീവിത പദ്ധതി എവിടെയോ കല്യാണം കല്യാണവും ഒക്കെ കടന്നു പോയിരിക്കണു പോയി കഴിഞ്ഞാൽ ബേലാപൂർ എവിടുന്നൊക്കെയോ വരണോ ആളുകൾ ട്രെയിനിൽ കയറിയിട്ട് അമ്പർനാഥ് എന്നൊക്കെ ട്രെയിനിൽ കയറിയിട്ട് മൂന്ന് മണിക്കൂർ അതിനകത്ത് തന്നെ പച്ചക്കറി നുറുക്കല് അതിനകത്ത് തന്നെ പാചകത്തിന് വേണ്ടതൊക്കെ തയ്യാറാക്കല് രാത്രി പോകുമ്പോൾ രാവിലെ ആവുമ്പോൾ നേരത്തെ പാചകമൊക്കെ ചെയ്തിട്ട് ആ കുട്ടികള് ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ അച്ഛനേ അമ്മയും ഇങ്ങോട്ട് അവർ ആരാണെന്ന് ചോദിക്കുന്നു മക്കളെ എന്താണെന്ന് വെച്ചാൽ കാണില്ലേ രാവിലെ എണീറ്റ് ട്രെയിനിൽ പോയി കഴിഞ്ഞ ജപം ജപം ചെയ്യാണ് ഒരാള് എവിടെയാന്ന് വെച്ചാൽ വേറെ ഒരാളുടെ കഴുത്തുകൂടെ കൈയിട്ടിട്ടാണ് ജപിക്കുക സ്ഥലമില്ലേ ഇരിക്കലൊന്നുമല്ല നിൽക്കുകയാണ് നിന്നിട്ടാണ് ജപം ഇരിക്കാനൊന്നും സ്ഥലമില്ല അങ്ങനെയൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്ത് അതിനിടയിൽ കൂടിയും ജപവും സന്ധ്യാവന്തനവും ഒക്കെ നടക്കും പ്രാണായാമം ചെയ്യണതൊക്കെ ഒരാളുടെ കഴുത്തുകൂടെ ഇങ്ങനെ കൈവിട്ടിട്ട് ഞാൻ തമാശ അറിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പോയാൽ ഇത് പ്രത്യക്ഷമായിട്ട് കാണും ഇലക്ട്രിക് ട്രെയിൻ ജീവിതം എന്ന് പറഞ്ഞൊന്നുണ്ട് അവിടെ നല്ല ഒത്തൊരുമയുള്ള ജീവിതമാണ് ട്രെയിനിൽ കയറിക്കഴിഞ്ഞാൽ അവര് തന്നെ കയറ്റിവിടും അവര് തന്നെ ഇറക്കിവിടും നമ്മളായിട്ട് കയറൊന്നും വേണ്ട അതിനകത്ത് പോലും അവര് ജപവും പൂജയും പച്ചക്കറി നുറക്കലും പാചകവും സഹസ്രനാമവും ഒക്കെ നടക്കും ഇപ്പൊ ചിലർ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ വയ്യല്ലോ ഭഗവാൻ പറയണത് നിങ്ങളെ കൊണ്ടാവണത് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കർമ്മം ചെയ്യുന്നു ആ കർമ്മം മുഴുവൻ എനിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അർപ്പണം ചെയ്തു കായീന വാചാ മനസ്സേന്ദ്രീർവ ബുദ്ധാത്മനാവാ പ്രകൃതയസ്വഭാവ കരോമിയദ്യ സകലം പരസ്മൈ നാരായണ എത്തി സമർപ്പയാ നീ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ചെയ്യണത് മുഴുവൻ എനിക്ക് അർപ്പണം ചെയ്തു അവസാനം ചെയ്യുന്ന തന്നെ തന്നെ അർപ്പണം ചെയ്യും മഹാബലിയിലെടുത്തുപോയി ഭഗവാൻ ചോദിച്ചത് അതാണല്ലോ മൂന്നടി മണ്ണ് ശുക്രാചാര്യർ പറഞ്ഞു കൊടുക്കരുത് എന്ന് തോന്നുന്നു അവൻ ചോദിക്കുന്നതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാവാതെയാണ് തരാ എന്ന് പറയണത് അവൻ ചോദിക്കുന്നത് മണ്ണ് മാത്രമല്ല കൊടുക്കുന്ന ആളെയും വിഴുങ്ങും കൊടുക്കരുത് എന്നിട്ടും മഹാബലി കൊടുത്തു മഹാബലിയെ തന്നെ എടുത്ത് വിഴുങ്ങുകളഞ്ഞു ബലിമപി ബലിമത്വായദ്വാംഷവ എന്നിട്ടും മഹാബലി കൂസലില്ലാതെ നിക്കണത് കണ്ടപ്പോഴാണ് സർവവും സമർപ്പണം ചെയ്തു ഭഗവാനെ പൊസഷൻസ് മാത്രമല്ല കൊടുത്ത് മഹാബലി പറയുന്നുണ്ട് രണ്ടടി കൊണ്ട് വാമനമൂർത്തി ത്രിവിക്രമനായി സകലതും അളന്നെടുത്തിട്ട് മഹാബലിയോട് ചോദിക്കാം മൂന്നാമത്തെ അടിക്കേ സ്ഥലം എവിടെ ചോദിക്കണം അപ്പോ മഹാബലി പറയണോ ഭഗവാനെ അവിടുന്ന് ത്വംനഹാ അസുരാണാം പാരോക്ഷ്യ പരമോ ഗുരുന്ന് ഈ അസുരന്മാരായ ഞങ്ങൾക്ക് അവിടുന്ന് പരോക്ഷമായിട്ട് വന്നിട്ടുള്ള ആചാര്യനാണ് ഗുരുവാണ് അഹങ്കാരം കൊണ്ട് അജ്ഞാനം കൊണ്ട് ഇതൊക്കെ എന്റെയാണ് എന്റെയാണെന്ന് കരുതിക്കൊണ്ടിരുന്നു അതൊക്കെ ഇപ്പൊ എന്റെ അല്ലെന്നും അങ്ങയുടെ ആണെന്നും കാണിച്ചു തരാനാണല്ലോ അപ്പൊ വന്നിട്ട് ഇതൊക്കെ ചോദിച്ചത് എൻ്റെ അടുത്താണ് രമണ മഹർഷിയുടെ അടുത്ത് വാൾ ബ്രേണ്ടൻ ചോദിച്ചു ഷുഡ് ഐ നോട്ട് ഗിവപ്പ് ഓൾ മൈ പൊസഷൻസ് ചോദിച്ചു ഭഗവാൻ പറഞ്ഞത് ദ പൊസസർ ടു പൊസഷൻസ് മാത്രം കൊടുത്താ പോരാ ഗിവ് ദ പൊസസർ ടു ഈ ആരാ കൊടുക്കണത് അവനോ കൊടുക്കും ഈ രണ്ടടിയും മണ്ണുകൊണ്ട് ഭഗവാൻ മഹാബലി തന്റേതാന്ന് കരുതി മുഴുവനെടുത്തിട്ടാണ് ഇപ്പൊ ചോദിക്കുന്നത് മൂന്നാമത്ത സ്ഥലം ഇവിടെ മഹാബലി പറഞ്ഞു ഭഗവാനെ അവിടുന്ന് എന്താ ചോദിക്കണതെന്ന് എനിക്കറിയാം അങ്ങ് ചോദിക്കണതിപ്പോ ഈ എന്റെ ഞാൻ എന്റെ എന്നുള്ളതൊക്കെ തന്നു എന്റെ എന്റെ സാധനങ്ങളൊക്കെ തന്നു ഇപ്പൊ ഞാൻ എന്നെ തരണം അതാണിപ്പോ അതാണ് കുരുശീർണിമേ നിജം ഇനിയും തരാതെ കിടക്കണത് എന്താ ഈ ഞാൻ തന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ അതിനെ അങ്ങോട്ട് കൊടുക്കണം ഭഗവാന്റെ സാധനം എടുത്തിട്ട് ഭഗവാനെ നിവദിക്കുകയാണ് നമ്മളേ വഴി നാളികേരം വാങ്ങിച്ചോളും നാളികേരം നമ്മൾ നാളികേരം മുറുക്കുണ്ടാക്കുമ്പോ ഒരു സമ്പ്രദായമുണ്ട് മുറുക്കിന്റെ മാവ് കൊണ്ട് തന്നെ ഒരു ഗണപതി വെക്കുന്ന നടുവിൽ എന്നിട്ട് മുറുക്കുണ്ടാക്കിയിട്ട് ആ മുറുക്ക് ആ ഗണപതിക്ക് തന്നെ നിവേദ്യം എന്നിട്ട് അവസാനം പരമകഷ്ടം അതല്ല ആ ഗണപതി എടുത്തിട്ട് തന്നെ അവസാനം ഒരു മുറുക്കുണ്ടാക്കിയിട്ട് വാതാപി ജീർണോഭവില് പോയി എന്താ അപ്പൊ ഭഗവാന് കൊടുക്കുമ്പോ ി എല്ലാത്തെയും കൊടുത്തു വാമനമൂർത്തി മഹാബലി പറയണം എന്റെ ശിരസിലേക്ക് ആലോചിക്കൂരുഷിമേനിജം അപ്പോ ദേവന്മാരൊക്കെ വന്നു പറയണു പ്രഹ്ലാദനൊക്കെ വന്നു പറയണു ഭഗവാനെ ആ കുട്ടിയെ കഷ്ടപ്പെടുത്തിയത് മതി പ്രഹ്ലാദം പറയണം പ്രഹ്ലാദന്റെ പേരക്കുട്ടിയാണല്ലോ പ്രഹ്ലാദൻ പറഞ്ഞു അങ് അങ് തന്നെ എല്ലാം കൊടുത്തു അങ്ങ് തന്നെ തിരിച്ചെടുത്തു എല്ലാം അങ്ങയുടെ ആണല്ലോ ദേവത് ബ്രഹ്മാവു എന്ന് പറയണു പോരേ ഭഗവാൻ പറഞ്ഞ അതല്ല എന്റെ ഭക്തന്റെ മഹിമ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്തൊക്കെ ചെയ്തു എന്നിട്ടും അവൻ ചലിച്ചില്ലല്ലോ എന്റെ ഭക്തന്റെ മഹിമ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് ഞാൻ അങ്ങനെയാണ് ആളുകളെ അനുഗ്രഹിക്കുക ഭഗവതത്തിലെ ശ്ലോകാണ് യനുഗ്രഹം ഇച്ചാമി തദ്വിഷോ വിധുനോമ്യഹം തസ്യ വിത്തം ഹരാമ്യഹം എന്നും ഞാൻ ആരെ അനുഗ്രഹിക്കണമെന്ന് ആശിക്കണോ അവരുടെ ഷെയർ മാർക്കറ്റ് ഫസ്റ്റ് പൊളിയും എന്താ ഭഗവാനെ അനുഗ്രഹിച്ചതാണ് അനുഗ്രഹിച്ചതാ പണമൊക്കെ പോയി പോപ്പറായി തെരുവിൽ ദുഃഖവും ഭഗവാനോട് ചോദിച്ചാൽ ഭഗവാനെ ഞാൻ അനുഗ്രഹിച്ചതാണെന്നാണ് ഇങ്ങനെയാണ് അനുഗ്രഹമെങ്കിൽ വേണ്ടില്ല ഒരു ഭക്തയുടെ ഭക്ത വളരെ വിഷമിച്ചപ്പോ ഭഗവാനോട് ചോദിച്ചു എന്താ ഇങ്ങനെ വിഷമിപ്പിക്കണം അങ്ങനെയാണ് ഞാൻ എന്റെ ഭക്തന്മാരെ വിഷമിപ്പിക്കുക അപ്പൊ ആ അമ്മ പറഞ്ഞു അതുകൊണ്ടാണ് നിനക്ക് ആരും കിട്ടാത്തതെന്ന് അതുകൊണ്ടാണ് നിനക്ക് ആരെയും കിട്ടാത്തത് ത്യാഗരാജസ്വാമികളിലേക്ക് കീർത്തണമെന്ന് പറഞ്ഞുവല്ലോ ഞാൻ ത്യാഗരാജൻ പറഞ്ഞു രാമന്റെ അടുത്ത് എല്ലാം ഞാൻ തരുണതൊക്കെ നീ വാങ്ങിച്ചു വെച്ചു എന്നിട്ട് എന്റെ വിഷമം പറയുമ്പോൾ മാത്രം സഹിച്ചോളൂ എന്ന് പറയാം ഇതിനിപ്പോ ഒരു രാമം വേണമെന്നാണ് അപ്പോ ഈ വിഷമമൊക്കെ ഭഗവാൻ പറയണത് ഞാൻ ആരെ അനുഗ്രഹിക്കണമോ അവന്റെ ധനം അപഹരിക്കുമെന്ന് അവനെ ചിലപ്പോ ഞാൻ വിഷമിപ്പിക്കും എന്തെന്തിലും അവന് അഭിമാനമുണ്ടോ അതിലൊക്കെ തല്ലുകൊടുക്കും തദ്വാത് പ്രാണിനാം വധ അഹങ്കാരത്തിനെ വധിച്ചാൽ അതാണ് ഉത്തമ ഉത്തമമായ അനുഗ്രഹം അവന് ഏതേതിൽ അഭിമാനമുണ്ടോ അതത് അവന്റെ കയ്യിൽ നിന്ന് പറിച്ചെടുക്കും എന്നിട്ടും അവൻ ചലിച്ചിട്ടില്ലെങ്കിൽ അവൻ തസ്യ തഥാ തത്രായം മത അനുഗ്രഹ അവിടെ എന്റെ അവൻ എന്നിട്ടും ചലിച്ചില്ലെങ്കിൽ ഇത്രയൊക്കെ വിഷമം അവൻ ചലിച്ചിട്ടില്ലെങ്കിൽ അനുഗ്രഹം ഉണ്ടെന്നും കൂട്ടിക്കൊള്ളാം ई महाबलिये यात्रमप अदरा महाबलिये नीय वीर पर महाबलियो पर आम तरा अग्रहम तुम्हें या रक्षिष्ये सर्वतोह ुगरी सदा सहित वीर तत्र मं द्रक्ष्यते भ തന്നെ ഞാൻ എപ്പോഴും സംരക്ഷിച്ചോള്ളാം രക്ഷിഷ്യേ സർവത്തോഹം ത്വം എല്ലാ വിധത്തിലും തന്നെ മാത്രമല്ല തന്റെ കൂടെ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ സാനുഗം സപരിച്ഛതം എന്തൊക്കെ വസ്തുവകകളുണ്ടോ അതൊക്കെ വൈകുണ്ഠത്തിലിരുന്ന് രക്ഷിച്ചോളാം എന്നല്ല സദാ സന്നിഹിതം അടുത്തിരുന്നു ഞാൻ വിശ്വസിക്കണോ ദ്രക്ഷ്യതേ ഭഗവാൻ അങ്ങ് കാണും എന്നാണ് നീ കാണും ഞാൻ കൂടെ ഉള്ളത് നിനക്ക് ദർശന അങ്ങനെ അനുഗ്രഹിച്ചു അപ്പോ സർവസമർപ്പണം ചെയ്ത അപ്പോഴും ഞാൻ നോക്കിക്കൊള്ളാം സമർപ്പണം ചെയ്യേണ്ടത് മുഖ്യമായിട്ട് അവനവനെയാണ് ഒരിക്കൽ രമണാശ്രമത്തിൽ ഒരു സന്യാസി വന്നു കുറേ നേരം ആശ്രമത്തിൽ നോക്കി ആശ്രമത്തിൽ കാര്യമായിട്ട് ഒന്നും കാണാനില്ല നിശ്ചലമായിട്ടിരിക്കണം ഇപ്പൊ മഹർഷിയോട് ചോദിച്ചു നിങ്ങളുടെ സമ്പ്രദായം എന്താണെന്ന് ചോദിച്ചു മഹർഷി ഒന്നും മണ്ടിയില്ല മൗനമായിട്ട് അപ്പോ കുറെ നേരം കഴിഞ്ഞ് വീണ്ടും ചോദിച്ചു അപ്പോഴും മഹർഷി ഒന്നും പറഞ്ഞില്ല അപ്പൊ അവിടെയുള്ള വേറൊരാൾ ചോദിച്ചു നിങ്ങളുടെ സമ്പ്രദായം എന്താണെന്ന് ചോദിച്ചു അവര് ഒരാധീനമടത്തൽപ്പെട്ട ആളാണ് അവർ പറഞ്ഞു ഞങ്ങൾ രാവിലെ മുതൽക്ക് ഗുരു ഉപദേശിച്ച നാമത്തിനെ ഗുരുക്കഴിക്കും ജപിക്കും എന്നിട്ട് ജപിച്ചിട്ട് രാത്രിയാവുമ്പോ ആ ഫലമൊക്കെ ഗുരുവിനെ അർപ്പണം ചെയ്യും അതാണ് ഞങ്ങളുടെ സമ്പ്രദായം അപ്പൊ ഭഗവാൻ കണ്ടില്ലല്ലോ അവര് ജപിക്കൂ അത്ര എന്നിട്ട് ഫലം ഗുരുവിന് കൊടുക്കുക അത്ര ഗുരുവിനൊന്നും ചെയ്യേണ്ട ഇവര് ചെയ്തിട്ടൊക്കെ ഗുരുവിന് ഫലം കൊടുക്കും ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഡെപ്പോസിറ്റ് വെച്ചുകൊണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കണ പോലെ ഉണ്ട് എന്ന് പറഞ്ഞു മുതൽ വെച്ചുകൊണ്ട് വട്ടി കൊടുക്കെ കൊടുക്കുന്ന പോലെ ഇർക്ക് പലിശ കൊടുക്കണ പോലെ ഭക്തന്മാർക്ക് മനസ്സിലായില്ല മഹർഷി എന്താ പറഞ്ഞ അപ്പോ അവിടെ മുരുകനാർ സ്വാമികൾ അദ്ദേഹം ഒരു വലിയ മഹാത്മാവാണ് അദ്ദേഹം വന്നപ്പോ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു ഇവരുടെ സമ്പ്രദായം കേട്ടുവോ ഇവര് കുറെ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യൂ എന്നിട്ട് ഫലത്തിനെ ഗുരുവിനെ അർപ്പിക്കു കൊടുക്കൂ അത്ര മുതൽ വെച്ചുകൊണ്ട് വണ്ടി പലിശ കൊടുക്കണ പോലെയുണ്ട് എന്ന് പറഞ്ഞു മുരനാർ സ്വാമി പറഞ്ഞു വേണ്ടില്ലല്ലോ ആ ഗുരു എത്രയോ നല്ല ആള് പാവം മുതല് ബാക്കി വെച്ചിരിക്കണം ഇവിടെ മുതലേ വിഴുങ്ങിക്കളഞ്ഞു എന്ന് പറഞ്ഞു എന്താ മുതൽ വെച്ചുകൊണ്ട് പലിശ കൊടുക്കലെന്ന് വെച്ചാല് ഈ ഞാൻ ചെയ്യണമെന്നുള്ള ഭാവത്തിന് ഒരു കോട്ടവും തട്ടാതെ വെച്ചുകൊണ്ടിരിക്കണം എന്നിട്ട് ഞാനിതൊക്കെ ചെയ്യണു എന്നിട്ട് ഞാൻ ഈ ഫലത്തിനെയൊക്കെ കൊടുക്കണമെന്നാണ് ഭഗവാൻ പറയണത് ആദ്യം അതിനെ തന്നെ അങ്ങോട്ട് കൊടുത്ത ഈ ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമാണ് കുഴപ്പക്കാരൻ അതാണ് മുതല് ആ മുതല് വെച്ചുകൊണ്ട് പലിശ കൊടുക്കാമെന്ന് ഞാൻ ചെയ്യണമുള്ള അഹങ്കാരത്തിനെ വെച്ചുകൊണ്ട് പലിശ കൊടുക്കാൻ തന്നെ തന്നെ ഇങ്ങോട്ട് അർപ്പണം ചെയ്തേക്ക് ആത്മനിവേദനം ആത്മനിവേദനമാണ് പരമഭക്തി ശ്രവണം കീർത്തനം വിഷ്ണോഹോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം നവവിധ ഭക്തിയിൽ ആത്മനിവേദനം എന്നുള്ളത് അങ്കിയാണ് ബാക്കിയൊക്കെ അംഗങ്ങളാണ് ആത്മനിവേദനം എന്നുള്ളത് ഹൃദയമാണ് ബാക്കിയൊക്കെ അംഗങ്ങളാണ് ആത്മനിവേദനം ചെയ്യണമെങ്കിൽ പ്രിയം വരണം അടുത്ത് ഭക്തി ഭക്തി വന്നാലേ നിവേദനം ചെയ്യാൻ പറ്റുള്ളൂ തനിയെ നടക്കും നിവേദനം ഭക്തി വരാനുള്ള സാധനങ്ങളാണ് പറഞ്ഞത് ഭഗവത് കഥാ ശ്രവണം ചെയ്യുക കീർത്തനം ചെയ്യുക സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം ഖ്യം ഈ അഷ്ടവിധ ഭക്തിയും നവമത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും അർപ്പണം ആത്മനിവേദനത്തിന് പരിപ്പാക്കപ്പെടുത്താൻ അങ്ങനെ ആത്മനിവേദനം ചെയ്താൽ അത് പൂർണ്ണമായി അപ്പോ പടിപ്പടിയായി പറഞ്ഞതിനെ ഓരോന്നിനെയും എടുത്ത് ഭഗവാൻ അവസാനം കൺക്ലൂഷൻ ചെയ്യുകയാണ് പന്ത്രണ്ടാമത്തെ ശ്ലോകം നോക്കാം ശ്രേയോ ഹിജ്ഞാനമഭ്യാസാത് ശാന്തിരന ശ്രേ ജനം അഭ്യസാ ജ്ഞാ ധ്യാന വിശിഷ്യത്തെ ധ്യമല ത്യാഗാത് ശാന്തി അനന്തരം ഈ ശ്ലോകം വിചിത്രമായിരിക്കും ഭഗവാൻ പറഞ്ഞത് അഭ്യാസത്തിനേക്കാളും ജ്ഞാനം ശ്രേഷ്ഠമാണ് ജ്ഞാനത്തിനേക്കാളും ധ്യാനം ധ്യാനത്തിനേക്കാളും കർമ്മഫലത്യാഗം ത്യാഗം ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ശാന്തി ഇതാണ് വെർബൽ മീനിങ് ശ്ലോകത്തിന്റെ വാച്യാർത്ഥം ഇനിയിപ്പോ ശ്ലോകാർത്ഥത്തിലേക്ക് പോകണം ശ്രേയോഹി ജ്ഞാനം അഭ്യാസ അഭ്യാസം എന്ന് വെച്ചാൽ കർമ്മം എന്തെങ്കിലും ജപിക്കൽ ധ്യാനിക്കൽ പൂജ ചെയ്യൽ ഇതൊക്കെ തന്നെ ഒന്നും അറിയാതെ ചെയ്യലുണ്ട് ആളുകൾ അതാണ് ലോകത്തിലെ തൊണ്ണൂറ് ശതമാനം അങ്ങനെയാണ് അറിയാതെയാണ് നമ്മൾ ചെയ്യണത് വിഷ്ണു സഹസനാമം ജപിക്കും രാവിലെ എണീറ്റ് എന്തോ കുട്ടിക്കാലം മുതൽ പരിശീലിച്ചിട്ടുണ്ട് ജപിച്ചു അത് അച്ഛനും അമ്മയും സഹസനാമം ജപിച്ചാലേ കാപ്പി തരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വിശ്വം വിഷ്ണു നക്ഷത്രക്കാരോ ബുധഭ്രഭോ ബുധഭാവ ഭൂതാത്മാ ഉവാനോ ഭുതാത്മാ പരമാത്മാജമുക്താനോ പരമാഗതി ക്ഷേത്രജ്ഞോക്ഷരേ വരാ നടു ഇതിങ്ങനെ പോകും സഹസനാമം എന്നിട്ട് കുട്ടി പരീക്ഷയിൽ തോറ്റപ്പോ പറയാണ് ഇത്ര ദിവസം സഹസ്രനാമൻ ജപിച്ചത് എന്ത് കിട്ടി ഇനി നാളെ പുറത്ത് ഞാൻ പറഞ്ഞു താങ്ക് വെരി മച്ച് രാവിലെ എണീറ്റ് അത് കേട്ടിട്ട് മുമ്പിലിരുന്നിട്ട് പറയണത് കേട്ടിട്ട് എന്താ സഹസ്രനാമൻ ജപിക്കുന്നത് ലോകത്തിലെന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വെറുതെ ഒരു ചിട്ടയ്ക്ക് വേണ്ടിയിട്ടാണോ ഒക്കെ ചെയ്യുമ്പോ അതിലൊരു ആത്മസുഖമില്ല സംഗീതം മറ്റുള്ളവരുടെ സ്തുതി കേൾക്കാൻ വേണ്ടിയിട്ടാണോ അപ്പെന്താ ആത്മസുഖം ഉണ്ടാവില്ല ഭഗവാൻ ഭജന ചെയ്യുമ്പോ നമ്മളെ ആളുകൾ രസിക്കണ്ടോ നോക്കിയാൽ ആത്മസുഖമല്ലവാമി കീർത്തനം പാടിയത് ആളുകൾ കൈതട്ടാൻ വേണ്ടിയിട്ടല്ല ആത്മസുഖമാണ് ആത്മസുഖം പുറമേക്ക് പാട്ടായിട്ട് വന്നതാണ് അല്ലാതെ പാടിയിട്ട് ആത്മസുഖം പോലും അല്ല അവര് എന്തനുഭവിച്ചുവോ അത് പാട്ടായിട്ട് വന്നു എന്നല്ലാതെ പാടിയിട്ട് അവരൊന്നും നേടിയില്ല എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടല്ല എങ്ങനെ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി അതാണെന്ന് പറഞ്ഞു തെലുസി രാമചിന്തനത്വം രാമനാമം അറിഞ്ഞുകൊണ്ട് ചിന്തിക്കുക രാമനെ അറിഞ്ഞുകൊണ്ട് രാമനെ ധ്യാനിക്കൂ എന്ന് പറഞ്ഞു ത്യാഗരാജൻ അറിഞ്ഞുകൊണ്ട് രാമനെ ധ്യാനിക്കൂ രാമനെ അറിഞ്ഞുകൊണ്ട് ചെയ്താൽ എന്തിനുവേണ്ടി ഈ നാമൻ ജപിക്കണത് രാമനെ സാക്ഷാത്തായിട്ട് കാണണം രാമഭക്തിയെ അനുഭവിക്കണം ഭക്തിക്ക് വേണ്ടിയാണ് സംഗീതം എന്ന് ത്യാഗരാജൻ അറിഞ്ഞുകൊണ്ട് പാടി സംഗീതജ്ഞാനമോ ഭക്തിവിനാ സന്മാർഗമോ ഗളതേവോ മനസ്സാ പാട്ടുകൾ കീർത്തനങ്ങൾ അതിവും തന്റെ മനസ്സിനോടാണ് മനസ്സേ ഭക്തിയില്ലെങ്കിൽ സംഗീതം എന്തിനുകൊള്ളും ഭക്തിയിൽ നിന്നും പിരിച്ചു കഴിഞ്ഞാൽ സംഗീതമുണ്ടോ അപ്പൊ എന്താ ഭക്തിക്ക് ഒരു ഉപായമാണ് സംഗീതം ത്യാഗരാജനെ സംബന്ധിച്ച് ഏട്ടം പറഞ്ഞു രാജാവിന്റെ സദസ്സിൽ പോയി പാടൂ രണ്ട് അപ്ലിക്കേഷനൊക്കെ കൊടുക്കൂ അവിടെ പോയിട്ട് പാടാനായിട്ട് കുട്ടിക്കാലത്തെ പാടിയതാണ് ത്യാഗരാജൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ ത്യാഗരാജസ്വാമികളുടെ ഗുരു വെങ്കട്ടരമണ ഭാഗവത്തർ ശരഭോജി മഹാരാജാവിന്റെ സദസ്സിൽ ചെന്ന് പാടി രാജാവിങ്ങനെ കോരിത്തരിച്ചുപോയി ഈ കുട്ടി പാടുന്നത് കേട്ടിട്ട് കഴുത്തുന്നൊരു നെക്ലസ് അഴിച്ചിട്ട് ത്യാഗരാജന്റെ കഴുത്തിൽ ഇട്ടുകൊടുത്തു ഏത് കുട്ടിയാണെങ്കിലും സന്തോഷിക്കില്ലേ അല്ലെ ഇപ്പൊ എന്തൊക്കെ ഇതിനു വേണ്ടിയിട്ടാ കുട്ടികൾ കുട്ടികൾ ഒറ്റ പാട്ടേ പഠിക്കുള്ളൂ എന്താന്ന് വെച്ചാൽ മത്സരത്തിന് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ കീർത്തനം പാടാനോ ഒന്നുമല്ല അവർക്ക് പാട്ടു പഠിക്കുന്നത് തന്നെ ടി വരാൻ വേണ്ടിയിട്ടാണ് എന്നൊരു ധാരണ പോലും ആക്കി തീർക്കണ്ടിപ്പോ നമ്മുടെ ആളുകൾ അങ്ങനെയൊക്കെ ഉള്ള വയസ്സാണ് ഒമ്പത് വയസ്സേ ഉള്ളൂ കുട്ടിക്ക് ഒമ്പത് വയസ്സുള്ള കുട്ടി